പിളേ കർക്കൂന്തൽ മിന്നും മാല വനമാല മന്ദാരത്തീമാല മാലയ ചെറാല ചെറിഞ്ഞിടുന്ന ബാലഗോപാല പാളയ പാകിപ്പാകി പിലി കർക്കൂന്തൽ മിന്നും മാല വനമാല മന്ദാര തെച്ചി മല മാലയച്ചെരൽ ചേരണിഞ്ഞിടുന്ന ബാല ഗോപാല പാലയ പാഹിപ്പഹി പുഞ്ചിരി കൊഞ്ചൽ തുക ഗോപി ജനോ നെഞ്ചലിക്കുന്ന വാസുദേവാ കൊഞ്ചൽ തുക ഗോപി ജനോ നെഞ്ചലിക്കുന്ന പഞ്ച ശരാർഥിയോട് ചഞ്ചലക്ഷിമെ കൊഞ്ചലടിച്ച ഗോകുലപാലയ പാഹിപ്പായി പഞ്ച ശരാർഥിയോട് ചഞ്ചലക്ഷിമെ കൊഞ്ചലടിച്ച ഗോകുലപാലയ പായിിപ്പായി പുത്തനം വണ്ണയുണ് ഗോപീജനം ചിത്തേ വസിക്കുണീല പുത്തനം വെണ്ണയുണ് ഗോപീജനം ിത്തെ വസിക്ക ഗുണശീല ഉത്തമസൽ ഗുണസത്യപരായണ നീ എത്തു മാവത്തൂകൾ തീർപ്പതിനാരുള്ളോ ഉത്തമസൽ ഗുണസത്യപരായണ നീ എത്തു മാവത്തൂകൾ തീർപ്പതിനാരുള്ളോ നിയതേ പേലേ കൽ കൂന്തൽ മിന്നും മാല വനമാല മന്ദാരലയാ ചെരാച്ചാണ് നിടും ബാല ഗോപാലോ ബാലപാ പാ പാഹി ബാലഗോ ബാലപാ പാ പാഹി